നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും ജക്കാത്ത് നൽകുകയും ചെയ്യുക നിങ്ങൾക്കായി നിങ്ങൾ മുൻകൂട്ടി ചെയ്യുന്ന ഏതൊരു പുണ്യകർമ്മവും അള്ളാഹ് ഹുസുബാനഹുവറ്റായാലയുടെ അടുക്കിൽ നിങ്ങൾ കണ്ടെത്തും തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹുസുബാനഹുവറ്റായാല സൂക്ഷ്മമായി കാണുന്നവനാകുന്നു